ഇരമ്യാപ്രവാചകന്റെ പുസ്തകം അധ്യായം ഒന്ന് ബെന്യാമിൻ ദേശത്ത് അനാഥോത്തിലെ പുരോഹിതന്മാരിൽ ഹിൽകിയാവിന്റെ മകനായ ഇരമ്യാവിന്റെ വചനങ്ങൾ അവന് യഹൂദ രാജാവായി ആമോന്റെ മകനായ യോഷിയാവിന്റെ കാലത്ത് അവന്റെ വാഴ്ചയുടെ പതിമൂന്നാം ആണ്ടിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായി യഹൂദ രാജാവായി യോശിയാവിന്റെ മകനായ യഹോയാക്കീമിന്റെ കാലത്തും യഹൂദ രാജാവായി യോശിയാവിന്റെ മകനായ സിദക്കിയാവിന്റെ പതിനൊന്നാം ആണ്ടിന്റെ അവസാനം വരെയും അഞ്ചാം മാസത്തിൽ യരുഷലെ മേരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയതുവരെയും തന്നെ അങ്ങനെയുണ്ടായി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തുവന്നതിനു മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു എന്നാൽ ഞാൻ അയ്യോ യഹോയായ കർത്താവെ എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത് ഞാൻ ബാലനെന്ന് നീ പറയരുത് ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം നീ അവരെ ഭയപ്പെടരുത് നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട് പിന്നെ യഹോവ കൈനീട്ടി എന്റെ വായെ തൊട്ടു ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു നോക്കുക നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചുകളവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കിവച്ചിരിക്കുന്നു എന്ന് യഹോവയെന്നോട് കൽപ്പിച്ചു യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായി ഇരമ്യാവേ നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു ബദാം ജാഗ്രത് വൃക്ഷത്തിന്റെ ഒരു കൊമ്പ് കാണുന്നു എന്ന് ഞാൻ പറഞ്ഞു യഹോവയെന്നോട് നീ കണ്ടത് ശരി തന്നെ എന്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചുകൊള്ളും എന്ന് അരുളി ചെയ്തു യഹോവയുടെ അരുടെപ്പാട് രണ്ടാം പ്രാവശ്യം എനിക്കുണ്ടായി നീ എന്തു കാണുന്നു എന്ന് ചോദിച്ചു തിളയ്ക്കുന്ന ഒരു കലം കാണുന്നു അത് വടക്ക് നിന്ന് പ്രത്യക്ഷമായി വരുന്നു എന്ന് ഞാൻ പറഞ്ഞു യഹോവയെന്നോട് വടക്ക് നിന്ന് ദേശത്തിലെ സർവനിവാസികൾക്കും അനർത്ഥം വരും ഞാൻ വടക്കേ രാജ്യങ്ങളിലെ വംശങ്ങളെയൊക്കെയും വിളിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട് അവർ വന്ന് ഓരോരുത്തൻ താന്താന്റസിംഹാസനം യരുശിലേമൻ്റെ പടിവാതിലുകളുടെ പ്രവേശനത്തിങ്കലും ചുറ്റും അതിന്റെ എല്ലാ മതിലുകൾക്കും നേരെയും യഹൂദയിലെ എല്ലാ പട്ടണങ്ങൾക്കും നേരെയും വയ്ക്കും അവർ എന്നെ ഉപേക്ഷിക്കുകയും അന്യദേവന്മാർക്ക് ധൂപം കാട്ടി തങ്ങളുടെ കൈപ്പണികളെ നമസ്കരിക്കുകയും ചെയ്ത സകല ദോഷത്തെയും കുറിച്ച് ഞാൻ അവരോട് ന്യായവാദം കഴിക്കും ആകയാൽ നീ അര കെട്ടി എഴുന്നേറ്റ് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും അവരോട് പ്രസ്താവിക്ക ഞാൻ നിന്നെ അവരുടെ മുമ്പിൽ ഭ്രമിപ്പിക്കാതെ ഇരിക്കേണ്ടതിന് നീ അവരെ കണ്ട് ഭ്രമിച്ചു പോകരുത് ഞാൻ ഇന്നു നിന്നെ സർവദേശത്തിനും യഹൂദരാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശത്തിലെ ജനത്തിനും നേരെ ഉറപ്പുള്ളൊരു പട്ടണവും ഇരുമ്പുതൂണും താമ്രമതിലുകളും ആക്കിയിരിക്കുന്നു അവർ നിന്നോട് യുദ്ധം ചെയ്യും നിന്നെ ജയിക്കയില്ലത്താനും നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോടുകൂടെ ഉണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്